ഇവിടെ കുറുപക്ഷി പറയുന്നതാണ് ജ്ഞാനകർമ്മ സമുച്ചയം അവന് ശ്രവണാദികളോടൊപ്പം തന്നെ യജ്ഞങ്ങളും അനുഷ്ഠിക്കുന്നു ഇപ്പം മനുഷ്യൻ ജനിക്കുമ്പം തന്നെ അവന് മൂന്നിണങ്ങളുണ്ട് കൃഷിയിണ്ണം ദേവകിർണം പിതൃകർണം ഈ മൂന്ന് എണ്ണങ്ങളും കൈകരിക്കണമെങ്കിൽ അതിനുവേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യണം പറയുന്നുണ്ട് ബ്രാഹ്മണാ വിദുഷന്റെ യജ്ഞന താപസ് തപസ എന്നല്ല ബ്രഹ്മസൂത്രത്തിലും പറയുന്നുണ്ട് സർവാപേക്ഷം ബ്രഹ്മസൂത്രം ഇത് സിദ്ധാന്തസൂത്രമാണ് സിദ്ധാന്തി വ്യാഖ്യാനിക്കുമ്പോൾ സർവാപേക്ഷറഞ്ഞാൽ ആശ്രമകർമ്മങ്ങൾ യജ്ഞദാന തസ് അതാണ് ആശ്രമകർമ്മങ്ങൾ അതെല്ലാം അനുഷ്ഠിക്കണമെന്ന് സിദ്ധാന്തി വ്യാഖ്യാനിക്കുന്നു പൂർവോക്ഷിയും വ്യാഖ്യാനിക്കുന്നു പൂർവോക്ഷി പറയുമ്പം കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അത് സമകാലത്ത് ശ്രവണാദികൾ ചെയ്യുന്ന കാലത്ത് തന്നെ യജ്ഞാദികളും വേണമെന്ന് പറയും ഇത്രയുള്ള വ്യത്യാസം യജ്ഞാനാദി സർവം സൂത്രത്തില് സർവാപേക്ഷാ യജ്ഞാദി ശ്രുതി സർവത്തെ അപേക്ഷിക്കുന്ന സർവം എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ പറയുന്നത് യജ്ഞദാന തപോ യജ്ഞ തപോ ദാനാദി രീതിയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് യജ്ഞോദാനം തപശൈവനുഷ്യനോ എന്ന് പറഞ്ഞിരിക്കുന്നോണ്ടാണ് അതിനെടുത്ത് പറയുന്നത് നിത്യകർമ്മങ്ങൾ അതിനാണ് സർവം എന്ന് പറയുന്നത് തത് അപേക്ഷ അതിനെ അപേക്ഷിച്ചിട്ടാണ് ബ്രഹ്മഭാവന എന്ന് പറയുന്നത് എന്താണ് എപ്പോഴാണോ നിവീദ്യാസനം ചെയ്യുന്നത് അതേസമയം തന്നെ ഈ ആശ്രമകർമ്മങ്ങളും അനുഷ്ഠിക്കും എന്ന് പറഞ്ഞാൽ എന്താ ഈ എന്താ ഗൃഹസ്ഥനായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത് ഗ്രഹസ്ഥനം ചെയ്യണം ശ്രവണാദികളും ചെയ്യണം ആശ്രമകർമ്മങ്ങളൊരു ഗൃഹസ്ഥ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണ് ഇതാണ് പൂർവപക്ഷം ആണ് സർവം ആശ്രമകർമ്മങ്ങൾ തഥപേക്ഷ ബ്രഹ്മ അതുകൊണ്ട് പൂർവപക്ഷം കൂടെ അതിനകത്ത് പല സിദ്ധാന്തങ്ങളും വന്നും പറയുന്നത് യജ്ഞാദി കർമ്മ സമുച്ചിത ബ്രഹ്മോപാസന വിശേഷണത്രൈവതി അനാദി അവിദ്യ സമുച്ഛേദക്രമേണ ബ്രഹ്മസാക്ഷാത്കാരായ മോക്ഷാപരനാമിനെന്ത് വേണം സാക്ഷാത്കാരത്തിനു വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അതോടൊപ്പം ബ്രഹ്മോപാസനം ചെയ്യും പറയുന്നത് തസ്മാ അതുകൊണ്ട് ശ്രുതി പ്രമാണമാണ് ബ്രഹ്മസൂത്രം പ്രമാണമാണ് അതുകൊണ്ട് അതേ പ്രമാണം ശ്രുതിയൊക്കെ നിങ്ങൾ പ്രമാണമായി സ്വീകരിക്കുകയാണെങ്കിൽ ഓരോക്ഷദ്ധാന്തിയോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രുതി പ്രമാണമാണല്ലോ അഥവാ പാരമർഷം സൂത്രം ഇവിടെ ശ്രുതി എന്ന് പറയുന്നത് തമിഴം ബ്രാഹ്മണാവിധ ശാന്തി പോലുള്ള ശ്രുതികൾ എടുക്കുന്നു അഥവാ പരാമർശസൂത്രം പരമർശി പ്രണീതസൂത്രം പരമർഷികാരാണ് സർവാ വളരെ പ്രധാനപ്പെട്ട സൂത്രം അദ്വൈതിക്കും ഒരുപോലെ സ്വീകാര്യമായ സൂത്രമാണ് പരമക്ഷ സൂത്രം പ്രമാണം ആ വ്യാസന്റെ സൂത്രം നിങ്ങൾ പ്രമാണമായി സ്വീകരിക്കുന്നു വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു എങ്കിൽ എല്ലാ പ്രകാരത്തിലും എല്ലാ പ്രമാണങ്ങളെയും സ്വീകരിക്കുന്നത് കൊണ്ട് യജ്ഞാതി കർമ്മ സമുച്ചിത ബ്രഹ്മോപാസന അതാണ് ഇവിടെ പ്രാധാന്യം പൂർവ്വക്ഷിക്ക് യജ്ഞാദി കർമ്മങ്ങളോട് സമുച്ചയിക്കപ്പെടുന്ന ബ്രഹ്മ ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മോപാസന ഭാവന യജ്ഞാദികർമ്മ സമുച്ചിത ഭാവന എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് എന്താണ് ഗൃഹസ്ഥനാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് യജ്ഞാതികർമ്മങ്ങൾ ആശ്രമകർമ്മങ്ങൾ ുഷിക്കുന്നത് ഗ്രഹസ്ഥ ആ ഗ്രഹസ്ഥൻ തന്നെ എന്തു ചെയ്യണം ബ്രഹ്മ ഭാവന ബ്രഹ്മഭാവന എന്ന് പറഞ്ഞാസൻ അത് വനുഷിക്കും ബ്രഹ്മ ഉപാസനയെ കുറിച്ച് പറയാണ് വിശേഷണത്രയവധി മൂന്ന് വിശേഷങ്ങളോട് കൂടിയത് ഏതൊക്കെയാണ് മൂന്ന് വിശേഷണം ഭാവനയ്ക്ക് മൂന്ന് വിശേഷണം പറഞ്ഞു നോ well, നോ no. ശേഷണ ാണ് <OK. laughs> <laughs> <laughs> <laughs> ദീർഘകാല സത്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ അനുഷ്ഠിക്കുന്ന ബ്രഹ്മോപാസന വിശേഷണത്രവേദി അതെന്ത് ചെയ്യുന്നു അനാദി അവിദ്യ തദ്വാസന സമുഛേദക്രമേണ അതെന്ത് ചെയ്യുന്നു അനാദിയായ അവിദ്യയും അതിന്റെ വാസന എന്ന് വെച്ചാൽ സംസ്കാരം നേരത്തെ പറഞ്ഞു അതിനെയെല്ലാം സമുച്ഛേദക്രമേണ് ഉച്ഛേദി ഇല്ലാതാക്കുന്നു അപ്പൊ ഇതില് ജ്ഞാനികർമ്മ എന്ന് പറയുന്നത് സിദ്ധാന്തിക്ക് സമ്മതമാണ് പക്ഷെ സമുച്ചിതം എന്ന് പറയുന്നതാണ് സിദ്ധാന്തിക്ക് സമ്മതമാണ് ബാക്കിയൊക്കെ സമ്മതമാണ് ബ്രഹ്മഭാവന എന്ന് പറയുന്നത് ഈ വിദ്യാദ്വയത്വം നശിപ്പിക്കുക അതൊക്കെ സമ്മതമാണ് ആ ഒരു വാക്കാണ് സിദ്ധാന്തിക്ക് പിടിക്കാത്തത് ഏതാണ് സമുച്ചിതം ബാക്കിയെല്ലാം സമ്മതമാണ് ക്രമേണ ബ്രഹ്മസാക്ഷാത്കാരായ മോക്ഷഅരനാമിനെ കൽപ്പതേ എന്ത് ഈ ബ്രഹ്മ ഉപാസന ബ്രഹ്മോപാസന അത് ബ്രഹ്മസാക്ഷാത്കാരായകാരായ കല്പതെ ബ്രഹ്മസാക്ഷാത്കാരത്തിനുപകരിക്കുന്നതും സിദ്ധാന്തിക സമ്മതമാണ് മോക്ഷ അപരനാമിനെ അതാന്റെ മറ്റൊരു പേരാണ് മോക്ഷം അത് സിദ്ധാന്തി അംഗീകരിക്കില്ല ബ്രഹ്മസാക്ഷാത്കാരമല്ല മോക്ഷം മോക്ഷം എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മ സാക്ഷാത്കാരത്തെ തുടർന്നുണ്ടാവുന്നാണന്ത് മോക്ഷം അത് ബ്രഹ്മ എന്ന് പറയുന്നത് വൃത്തിയാണെന്ന് പറയുന്നു അതുകൊണ്ട് ബ്രഹ്മ മോക്ഷം എന്ന് പറഞ്ഞാൽ സിദ്ധാന്തി സമ്മതിക്കില്ല ബ്രഹ്മസാക്ഷാത്കാരം കൊണ്ട് എന്ത് സംഭവിക്കും മോക്ഷം മോക്ഷം എന്ന് പറയും അപ്പോൾ അവിടെ ചെറിയ വ്യത്യാസമാണ് മൊത്തത്തിലത് പൂർവോക്ഷമാണ് ഇനി തദർത്ഥം കർമാണി അനുഷ്ഠിക്കാൻ അതുകൊണ്ട് ബ്രഹ്മ സാക്ഷാത്കാരത്തിനുവേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം പൂർവോക്ഷി പറയുന്ന ആ കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം സമുച്ഛിതമാണ് ആ സമുച്ചിതെന്ന് പറയുന്നതാണ് സിദ്ധാന്തയ്ക്ക് ചോദിക്കാത്തത് ബാക്കിയെല്ലാം സിദ്ധാർത്ഥ സംഭവം അപ്പൊ ഇത് ഇതുവരെ പറഞ്ഞത് ഭാഷത്തിന്റെ വ്യാഖ്യാനമാണ് ഏത് ഭാഷയത്തിന്റെ വ്യാഖ്യാനം ഉം ഏതിന്റെ വ്യാഖ്യാനമാണ് ഏത് ഭാഷ്യഭാഗത്തിന്റെ വ്യാഖ്യാനമാണ് അതില് ഈ പറഞ്ഞത്നുഹ കർമ്മ അവബോധാനന്തരീം വിശേഷ എന്ന് പറഞ്ഞു കർമ്മജ്ഞാനത്തിന് ബ്രഹ്മജിജ്ഞാസ അതിന് ാണ് ഇതുവരെ വിശദീകരിച്ചത് അങ്ങനെ വിശദീകരിച്ചപ്പോല പൂർവക്ഷവും ഈ പറയുന്ന പൂർവക്ഷം എന്താണ് കർമ്മ അവബോധാനന്തര്യം വിശേഷം സ്വാധ്യായ ആനന്ദര്യം സമാന എന്നും പറഞ്ഞു കർമ്മജിജ്ഞാസയും ബ്രഹ്മ ജിജ്ഞാസയും തുല്യമായിരിക്കുന്ന എന്താണ് സ്വാധ്യായം അപ്പൊ സ്വാധ്യായ ആനന്തര്യം എന്ന് പറയുന്നത് രണ്ടിനും തുല്യമാണ് ബ്രഹ്മജിജ്ഞാസയും ധർമ്മജിജ്ഞാസയും സ്വാധ്യായന്തരും സമാനമാണ് എന്നാൽ വിശേഷിച്ച് ബ്രഹ്മജിജ്ഞാസയ്ക്ക് എന്താണ് പൂർവോക്ഷ കർമാവബോധാനന്തരീം കർമ്മജ്ഞാനത്തിന് ശേഷം മോനം കണ്ട പണ്ടോ ശരി ക്ലാസ് കാണത് കർമ്മബോധാനം തരും വിശേഷ കർമാബോധാനം തരും കർമ്മജ്ഞാനത്തിന് ശേഷം ഇതാണ് പൂർവക്ഷം പറയുന്നത് കർമ്മജ്ഞാനത്തിന് ശേഷം ബ്രഹ്മജിജ്ഞാസ അതിനാണ് ഇത്രയും വിശദീകരിച്ചത് അപ്പൊ ഈ കർമ്മം എന്താണെന്നറിയണം കർമ്മം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കർമ്മം എന്താണെന്ന് പറയുന്നത് ഏത് കർമ്മത്തെ കുറിച്ചുള്ള ജ്ഞാനമാണ് സാഹിക ആരാധ ഉപകാര ഔപദേശിക ക്രമപര്യന്ത സാമഗ്രി സഹിതം സഹിത പരസ്പര വിഭിന്ന കർമ്മ സ്വരൂപരി പറയുന്നത് ഈ കർമ്മം എന്താണെന്ന് ഈ പറയുന്നത് കർമ്മങ്ങളെ കുറിച്ച് പറയുന്നത് എല്ലാം ഇവിടെ ഒറ്റ വരി പറഞ്ഞു പൂർവമീമാംസലക്ഷണി പന്ത്രണ്ട് അധ്യായങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അന്ന് ഈ കർമ്മങ്ങൾ ഏതൊക്കെയാണ് ആ കർമ്മ അവബോധാനന്ദ കർമ്മജ്ഞാനത്തിന് ശേഷം എന്നാണ് പറയുന്നത് അപ്പൊ കർമ്മന്നറിയണ്ടേ ജമിനിയുടെ കർമ്മങ്ങൾ പൂർണ്ണയുടെ കർമ്മങ്ങൾ അതിനാണീ പറഞ്ഞത് ഏതാനി എന്താണ് കർമാണി എന്ന് ചേർത്തുകൊണ്ട് ഏതാനും കർമാണി അതിനന്വയിക്കേണ്ടത് അവസാന ഭാഗത്ത് പരിജ്ഞാനം വിനഖ്യാനി അനുഷ്ഠാനം നശ്യാൻ ഏതാനു കർമാണി പരിജ്ഞാനം വിന ഈ കർമ്മങ്ങളെ അറിവുകൂടാതെ ും നശക്കാൻ അനുഷ്ഠിക്കാൻ പറ്റത്തില്ല കർമ്മങ്ങളെ അനുഷ്ഠിക്കണമെങ്കിൽ എന്ത് വേണം കർമ്മങ്ങളെ കുറിച്ചുള്ള അറിവ് വേണം അതാണ് ഈ പറയുന്നത് ഏത് കർമ്മങ്ങൾ അപ്പോൾ കർമ്മവും കർമ്മങ്ങളുടെ അധികാരിയും രണ്ടും പറയും ആണ് പറയുന്നത് കർമ്മങ്ങളെന്ന് പറയുന്നത് ദുഷ്ട അധിഷ്ഠ രണ്ടു തരത്തിലുള്ള കർമ്മങ്ങൾ ദുഷ്ടവും അതിഷ്ടവുമായിട്ടുള്ള കർമ്മങ്ങൾ ഈ ദൃഷ്ടവും അതിഷ്ടവുമായിട്ടുള്ള കർമ്മങ്ങൾ തന്നെ പിന്നെ എങ്ങനെയുണ്ട് സമവായിക ആരാധുപകാരക അങ്ങനെ രണ്ടു തരത്തിലുണ്ട് സമവായിക കർമ്മങ്ങളും ആരാധ ഉപകാരകർമ്മങ്ങളുമുണ്ട് പിന്നെ അതുകൂടാതെ അവയ്ക്ക് ഹേദഭൂതമായ ഇവയ്ക്കെല്ലാം കാരണമായിരിക്കുന്ന ഔപദേശികം ഒന്ന് ആദിദേശികം മറ്റൊന്ന് ക്രമപര്യന്തം മറ്റൊന്ന് അപ്പോ ഔപദേശിക കർമ്മങ്ങൾ ആദിദേശിക കർമ്മങ്ങൾ ക്രമപര്യന്തം ആയിട്ടുള്ള അംഗങ്ങൾ അംഗകർമ്മങ്ങൾ അംഗമിച്ച് അംഗങ്ങൾ ഇത്രയും കർമ്മങ്ങളെ കുറിച്ച് അറിയും അംഗഗ്രാമം എന്ന് വെച്ച അംഗസമൂഹം എല്ലാ അംഗങ്ങളും ആദ്യം വരുന്നത് ദുഷ്ടകർമ്മം ദുഷ്ട ഉപകാരമുള്ള കർമ്മങ്ങൾ എന്നുവെച്ചാൽ പ്രത്യക്ഷമായ ഫലമുള്ള കർമ്മങ്ങൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദർശപൂർണമാസ യാഗം എന്ന് പറയുന്നത് പുരോടാശയം ഉണ്ടാകും പുരോഡാശം ഒന്ന് ചാടാ അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അരിവേണം അരിവിക്ക് വേണ്ടിയിട്ട് നെല്ല് കുത്തണം നെല്ല് ഉരളിലിട്ട് ഒലക്ക കൊണ്ട് കുത്തണം അപ്പം നെല്ല് കുത്തുക എന്ന് പറയുന്ന കർമ്മം ദുഷ്ടപ്രയോജനം ഉണ്ടാകും ദുഷ്ട ഉപകരണങ്ങളു പ്രത്യക്ഷമായ ഫലമുണ്ട് എന്താണ് പ്രത്യക്ഷമായ ഫലം മൂങ്ങൾ അതിനുട്ടും അതാണ് ദിഷ്ടം ആയിട്ടുള്ള കർമ്മം ദിഷ്ടം ഫലമുള്ള കർമ്മം ഇത് തന്നെയാണ് ഇനി പറയുന്ന സാമവായിക എന്ന് പറയുന്നത് ഇത് തന്നെ സന്നിപത്യ ഉപകാര എന്നും പറയും സന്നിപത്യ ഉപകാര ടുത്തു പറയാൻ പോകുന്ന സാർമ്മിഷ്ടകർമ്മം തന്നെ സാ കർമ്മത്തിൽപ്പെടുന്ന ദുഷ്ടകർമ്മങ്ങൾ എന്റെ കുത്തുകയും മറ്റു പിന്നെ അധിഷ്ഠകർമ്മം ബ്രേഹീൻ പ്രോക്ഷല് അതിൽ മന്ത്രം ജപിച്ചു വെള്ളം തെളിക്കുക അതാണ് അതുപോലെയുള്ള കർമ്മങ്ങൾ ഇത് ഉദാഹരണമായിട്ടൊന്നു പറയുന്ന അത് പ്രോക്ഷണം ദൃഹി മാത്രം പോരാഖലം ഉരള് അതിന് പ്രോക്ഷണം ചെയ്യണം മുസലം ഒലക്ക അതിനെ പ്രോക്ഷണം ചെയ്യണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെള്ളം മന്ത്രം ചൊല്ലി വെള്ളം ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് അതൊക്കെ എന്താണ് അധിഷ്ഠലമുള്ളതാണ് പ്രോക്ഷണം ചെയ്താൽ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല കഴുകുകയല്ല വെറുതെ വെള്ളം ഇങ്ങനെ തെളിക്കുന്നതാണ് അതുകൊണ്ട് അതിഷ്ടമുണ്ടാവും അപൂർവം ഉണ്ടാവും അതുകൊണ്ടാണ് അത്തരം കർമ്മങ്ങളെയൊക്കെ എന്തുപറയുന്നു അധിഷ്ഠകർമ്മം അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് വരുന്നു അധിഷ്ടകർമ്മങ്ങളും അധിഷ്ഠകർമ്മങ്ങളും പ്രത്യക്ഷമായ ഫലമുള്ള കർമ്മങ്ങളും അപൂർവം എന്ന് പറയുന്നു അപൂർവം എന്ന് പറയുന്നത് എന്താണ് പുരോഹിതന്മാർ കണ്ടുപിടിച്ച ഒരു കുതന്ത്രമാണ് എന്താ അപ്പോൾ എന്ന് പറഞ്ഞു ഇവിടെ ബ്രാഹ്മണ പുരോഹിതൻ ക്ഷത്രിയനെ കൊണ്ട് കർമ്മം ചെയ്യും കാശ് മുടക്കുന്നവര് ക്ഷത്രി അതും ഇങ്ങനെയുള്ള ആള് രാജാവ് ചക്രവർത്തി പുരോഹിതന്റെ ഇരയെന്ന് പറയുന്ന ക്ഷത്രീയനാണ് അപ്പൊ അവന് കർമ്മം ചെയ്ത ഫലം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഈ ക്ഷത്രിയന് ഫലവും മരിച്ചതിന് ശേഷം അവൻ സ്വർഗത്ത് പോയി ഇന്ദ്രനാണ് ഇന്ദ്രപദവിയാകട്ടെന്ന് ഇവിടെ ചക്രവർത്തി അവിടെ പോയ ഇന്ദ്രൻ അപ്പം സംശയം ഉണ്ടാവും ഞാനിവിടെ കഷ്ടപ്പെട്ട് ഈ പണമെല്ലാം മുടക്കി ഈ യാഗം ചെയ്തു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോ ഇന്ദ്രപദവി കിട്ടില്ല മരിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഇന്ദ്രപദവി കിട്ടും ഞാൻ മരിച്ചുപോയി മരിച്ചുപോയാ കിട്ടുന്നു പിന്നെ കർമ്മം എന്ന് പറയുന്നത് ഇവിടെ തന്നെ അവസാനിക്കുന്നു കർമ്മം ചെയ്യുന്നു അത് അവസാനിക്കാന്ന് വെച്ച ഹവീസ് എല്ലാം കൂടെ എടുത്ത് ഇതം എന്ന് പറഞ്ഞ് കുഴിയിലോട്ട് കത്തിച്ചു കഴിഞ്ഞാൽ യാഗം തീർന്നു സങ്കല്പം കൊണ്ട് തന്നെ യാഗം തീർന്നു പിന്നെ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കിട്ടും രണ്ട് പ്രശ്നമാണ് ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ കിട്ടും ഞാൻ മരിച്ചുപോകും രണ്ട് യാഗം എന്ന് പറയുന്നത് ഞാൻ മരിക്കുന്നതിന് മുമ്പേ തന്നെ തുടങ്ങിയപ്പോ തന്നെ അത് തീർന്നു അവിസർപ്പിച്ചപ്പോ തന്നെ എനിക്കത് യാഗം അവസാനിച്ചു രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് യാഗം ചെയ്യുന്നു മരിച്ചു പോകുന്നു അവനെങ്ങനെ ഇന്ദ്രനാവാൻ പറ്റും മറ്റൊന്നും യാഗം നേരത്തെ തന്നെ കേറുന്നു പിന്നെ വയസ്സുകാലത്ത് മരിച്ചു കഴിഞ്ഞ എങ്ങനെയാണ് യാഗത്തിന് ഫലം കിട്ടുന്നു സ്വർഗം അല്ലെങ്കിൽ ഇന്ദ്രൻ അതൊക്കെ എങ്ങനെ കിട്ടും അതിന് പുരോഹിതന്മാർ കണ്ടുപിടിച്ചു കൊടുത്ത ഒരു വിദ്യയാണ് എന്ത് ഒന്ന് നീ മരിക്കുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് നീ മരിക്കുന്നുണ്ടീ ശരീരം എന്താ ആത്മാവാണ് ആത്മാവിന്റെ നാശം ഇത് ഇവന പറഞ്ഞുകൊടുത്ത അപ്പൊ അവൻ വിചാരിക്കുന്നു എന്താണ് അന്നാ ഞാൻ മരിക്കുന്നുണ്ട് നീ ശരീരം ആത്മാവാണ് ആത്മാവായ നീ ഒരിക്കലും മരിക്കില്ല അപ്പം മരിച്ചു കഴിഞ്ഞാലും ആത്മാവ് മരിക്കാത്തതുകൊണ്ട് നിനക്ക് സ്വർഗ്ഗത്ത് പോകാം ഇന്ത്യനാകാം രണ്ടാമത് പ്രശ്നം കർമ്മമാണ് കർമ്മം ഇവിടെ തന്നെ തീർന്നല്ലോ ഫലം എങ്ങനെ നശിച്ചുപോയ കർമ്മവും നശിച്ചു ഞാനും നെച്ച് കർമ്മം നശിച്ചു നശിച്ച കർമ്മം അങ്ങനെ ഫലം ഉണ്ടാകും കാരണം കർമ്മവും ഫലവും ഒരു നിയമമുണ്ട് കാരണം കാര്യത്തിന്റെ പൂർവ്വത്തിലുണ്ടായി പിന്നാലെ ആ കാര്യം ഉണ്ടാകും അതായത് കുടം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പില് കുടാലം വേണം ദണ്ഡം വേണം ചക്രം വേണം മണ്ണ് വേണം മണ്ണുരുള്ള വേണം എല്ലാം വേണം കാരണങ്ങളെല്ലാം എവിടെ വേണം തൊട്ട് പൂർവ്വത്തിൽ വേണം അവ്യവഹിതപൂർവ്വത്തിൽ വേണം ഇതാണ് നിയമം ഇത് എവന്റെ കർമ്മം എന്ന് പറയുന്നത് എന്താണ് അവന്റെ നല്ല കാലത്ത് ചെയ്ത് കർമ്മം തോന്നും വയസ്സുകാലത്ത് മരിച്ചിട്ടാണ് ചെറുക്കത്തു പോകുന്നത് അപ്പൊ കർമ്മം കർമ്മം തീർന്നു അപ്പൊ സ്വർഗം എന്ന് പറയുന്നിടത്ത് തൊട്ട് മുമ്പിൽ കർമ്മം ഇല്ല അതിനുവേണ്ടി അവൻ പറഞ്ഞു കൊടുത്താണ് എന്താണ് നീ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും അപൂർവം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും അത് നിന്റെ ആത്മാവിന്റെ ഇരിക്കും അത് നീ മരിച്ചു സ്വർഗത്ത് മുമ്പ് എന്ത് വരും അപൂർവം അവിടെ വരും അപ്പൊ അതാണ് ഫലത്തെ കൊടുക്കുന്നത് ദേവേന്ദ്ര എന്ന് പറയുന്ന ഫലത്ത് കൊടുക്കുന്നത് എന്താണ് അപ്പൊ അപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുണ്യം ഉണ്ടാകും ആ പുണ്യം ജീവനിലിരിക്കും അത് മരിച്ചു കഴിഞ്ഞാലും ആത്മാവിനുണ്ടായിരിക്കും എന്ന് പറയുന്നതും അതുപോലെ തന്നെ പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാപം എന്ന് പറയുന്ന ഒരു ഫലം ഉണ്ടാകും ഒരു സംസ്കാരം അത് ആത്മാവിലിരിക്കും മരിച്ചു കഴിഞ്ഞാൽ അവനെ നരകത്തിക്കൊണ്ടിരും അത് അങ്ങനെ ഈ പുണ്യവും പാപവും എന്ന് പറയുന്ന രണ്ട് സംഗതി എന്താണ് പുരോഹിതന്റെ തട്ടിപ്പ് ഈ സ്വർഗവും നരകവും കാണിച്ച് പ്രലോഭിപ്പിക്കാനും പേടിപ്പിക്കാനും വേണ്ടി പുരോഹിതം കണ്ടെത്തിയ സംഗതികളാണ് പണ്ട് എന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധിയുള്ളവൻ ബുദ്ധി ഇല്ലാത്തവനൊക്കെ പറ്റിക്കാൻ വേണ്ടി കണ്ടുപിടിക്കാൻ ഇതെല്ലാം ഇന്നും എന്ത് ചെയ്യുന്നു ആയിരക്കണക്കിന് മനുഷ്യരൊക്കെ വിശ്വസിക്കും അതാണ് ബുദ്ധിയുള്ളവയും എണ്ണത്തിൽ കൂടുതൽ വേണ്ടെന്ന് പറയുന്നു മണ്ടന്മാരെണ്ണത്തിൽ എത്ര കൂടുതൽ ഉണ്ടായാലും ശരി ബുദ്ധിയുള്ളവ എത്ര എണ്ണം മതി പൊരുത്തം മതി അതാണ് ബുദ്ധിയുള്ളവരുടെ കഴിവ് അതങ്ങ് വിശ്വസി അപ്പോ അതിനുഷ്ടമായ ഫലം അധിഷ്ടമായ ഫലം എന്ന് പറഞ്ഞതാണ് ഇപ്പൊ ദർശപൂർണ്ണ മാസം തന്നെ അതിന്റെ അംഗമായി വരുന്നു പഞ്ചപ്രയാജ എന്ന് പറയുന്ന വരുന്നു സമിതിയാകം തനൂനപാദം ഇടഹി സ്വാഹാകാരം ഇങ്ങനെ പഞ്ചപ്രയം അതിഷ്ടമായ ഫലത്തെ ഉണ്ടാക്കുന്നു ദൃശ്യൂർണമാസയാകും മുഖ്യം അത് അപൂർവത്തെ ഉണ്ടാക്കുന്നു ഇടക്കിണയിന് ഉദാഹരണം അതിഷ്ടമായ ഫലം കൊടുക്കുന്നു അപ്പോൾ രണ്ട് പ്രധാനമായിട്ട് തന്നെ എന്താണ് അധിഷ്ഠമായ ഫലം കൊടുക്കുന്നതും അതിൽ തന്നെ സാമവായികം സന്നിപത്യ ഉപകാരം എന്ന് വെച്ചാൽ ആ കർമ്മത്തിന്റെ ഭാഗമായിരിക്കുന്ന അത് ആ കർമ്മത്തിന്റെ ഭാഗം നേരത്തെ പറഞ്ഞു ഇടിക്കുക നെല്ലിട്ട് ഇടിക്കുക എന്ന് പറയുന്ന എന്താണ് ആ മെയിൻ കർമ്മത്തിന്റെ ഭാഗമായിരിക്കുന്ന അതാണ് സാമവായികം അല്ലെങ്കിൽ സന്നിപത്യ ഉപകാരവും അതും അപൂർവത്തെ ഉണ്ടാകും പിന്നെ ദൂരെ നിന്നുപകരിക്കുന്ന ആരാധന ദൂരം ആരാധുപകാരം എന്ന് പറഞ്ഞാൽ എന്താണ് അത് അപൂർവത്തെ ഉണ്ടാകുന്നു ഇവിടെ പറഞ്ഞ പഞ്ചപ്രയാജപൂർണമാസ യാഗത്തിൽ നിന്നുണ്ടാകുന്നത് അതിന് ഉണ്ടാകുന്ന അപൂർവം പരമാപൂർവം എന്ന് പറയും അതാണ് സ്വർഗത്തിന് പോകുന്നത് ആ പരമാപൂർവത്തിന് സഹായിക്കുന്ന അപൂർവമാണ് അംഗയാഗങ്ങളിൽ നിന്നും പഞ്ചപ്രയാജകളിൽ നിന്നുണ്ടാകുന്നു അങ്ങനെയുള്ളതാണ് ആരാ പഞ്ചപ്രയാജകളാണ് ആരാധകാരം അതായത് മുഖ്യമായ യാഗത്തിന്റെ അംഗമായിരിക്കുന്ന യാഗങ്ങൾ അതിൽ ആ അപൂർവം മുഖ്യമായ അപൂർവത്തിനോടൊപ്പം ചേരുന്നു അതുകൊണ്ടാണ് അതിന് ആരാധ ഉപകാരവും കർമ്മങ്ങൾ അങ്ങനെ രണ്ടു തരത്തിലുണ്ട് അത് ഇത് അദ്വീതികളും പറയും എന്താണ് ആശ്രമകർമ്മങ്ങളുടെ യജ്ഞദാന തപോ ദാന തപോദാനാദികളല്ല ആരാധ ഉപകാര കർമ്മങ്ങളാണ് എന്തിന് ബ്രഹ്മഭാവനയ്ക്ക് ഉപകരിക്കുന്നു കാരണം ഒരു ചിത്രശുദ്ധിയിലൂടെ ഒരാളെസനത്തിന് യോഗ്യനാക്കി തീർക്കുന്നു അങ്ങനെ അതുകൊണ്ട് തപസ്സുകളെല്ലാം ആരാധ ഉപകാരങ്ങളാണ് അപ്പൊ ദുഷ്ടാദിഷ്ടങ്ങനെ രണ്ടു തരത്തിലുണ്ട് ഒന്നെന്താണ് സാമായികം ആരാധ ഉപകാരകം പിന്നെ ഇതിന് ഹേതുവായിരിക്കുന്നു ഈ കർമ്മങ്ങൾക്കെല്ലാം ഹേതുവായിരിക്കുന്ന കർമ്മങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇവക്കെല്ലാം ഹേതുവായിരിക്കുന്ന കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഔപദേശികർമ്മങ്ങൾ ഉപദേശിക കർമ്മം എന്ന് പറയുന്നത് കർമ്മങ്ങൾ വേറെ രണ്ടു തരത്തിൽ പറയും എന്താണ് പ്രകൃതിയും വികൃതിയും രണ്ടു തരത്തിൽ കർമ്മങ്ങളുണ്ട് എത്ര സമഗ്ര അംഗോപദേശം എവിടെയാണോ എല്ലാ അംഗങ്ങളും പറഞ്ഞിരിക്കുന്നത് അതിനെന്തു പറയും പ്രകൃതി എത്രന്ന സമഗ്ര അംഗോപദേശം എവിടെയാണോ എല്ലാ അംഗങ്ങളും പറയാത്ത അതിനുപകൃതി എന്ന് പറയും പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ പറഞ്ഞിരിക്കുന്ന അതിനെ അവദേശിക്കുകയെന്ന് ശരമയം ബർഹി എന്നൊക്കെ പറയും ശരപ്പുല്ല് ശരപ്പുല്ല് എന്ന് പറയുന്നത് നമ്മുടെ പുൽത്തയിലൊക്കെ ഉണ്ടാക്കുന്ന പുല്ലുണ്ടെന്ന് ആ പുല്ലുകൊണ്ട് ബർഹി ചൂലുണ്ടാക്കുക ഇത്തരം ഇതൊക്കെ എന്താണ് ഉപദേശ കർമ്മങ്ങളാണ് അതായത് അംഗങ്ങളിൽ നേരിട്ട് പറഞ്ഞിരിക്കുന്നത് ഉപദേശിച്ചിരിക്കുന്ന ഉപദേശികൾ പിന്നെ ആദിദേശികം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് വികൃതിയിൽ വരുന്നത് എല്ലാ അംഗങ്ങളും പറഞ്ഞിരിക്കുന്ന ഇവിടെ പ്രകൃതി ആ പ്രകൃതിയിൽ നിന്ന് വികൃതിയിലേക്ക് വരുന്ന വികൃതിയിലെല്ലാം പറയത്തില്ല പ്രകൃതിയിലെല്ലാം പറയും അപ്പം അവിടെ വരും പ്രകൃതിവദ് വികൃതി കർത്തവ്യ പ്രകൃതി ചെയ്യും പോലെ വികൃതിയും ചെയ്യണം പ്രകൃതി എന്ന് വെച്ചാൽ അവിടെ എല്ലാ കർമ്മങ്ങളും പ്രത്യേകം പ്രത്യേകം പറഞ്ഞു പ്രകൃതിയിലെല്ലാം പറയും അപ്പം പ്രകൃതി എങ്ങനെ ചെയ്യും അവിടെ ഔദേശികമായ കർമ്മങ്ങൾ കാണും നേരിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കർമ്മങ്ങൾ കാണും ബാക്കിയെല്ലാം ചെയ്യണം പ്രകൃതി ചെയ്തതുപോലെ ചെയ്യണം അങ്ങനെ പ്രകൃതി ചെയ്തതുപോലെ ചെയ്യണം എന്ന് പറയുമ്പോ പ്രകൃതിയിൽ നിന്ന് പ്രകൃതിയിലേക്ക് വരുന്ന കർമ്മങ്ങളാണ് എന്ന് പറയുന്നത് ആദ്യദേശികം അതിദേശം എന്ന് പറയുന്നതാണ് എന്താ പ്രകൃതികൾ പ്രകൃതി കർത്തവ്യ എന്ന് പറയുന്നതിനാണ് അതിദേശം എന്ന് പറയുന്നത് ആതിദേശത്തിലൂടെ ഈ വിധിയിലൂടെ പ്രകൃതി ചെയ്യുമ്പോലെ പ്രകൃതിയും ചെയ്യണമെന്നുള്ള വിധിയിലൂടെ അതിദേശം അതിലൂടെ പ്രകൃതിയിൽ നിന്നും പ്രകൃതിയിലേക്ക് വന്നുചേരുന്ന കർമ്മങ്ങളാണെന്ത് ആദ്യ ദേശീയ കർമ്മങ്ങൾ ഭയങ്കര ഒരുപാടുണ്ട് ആദിദേശീയ കർമ്മങ്ങൾ പിന്നെ ക്രമപര്യന്തം പിന്നെ ക്രമം ക്രമപര്യന്ത അംഗഗ്രാമം ഇതുവരെയുള്ള അംഗങ്ങൾ ഇതെല്ലാം അംഗങ്ങളാണ് അതായത് നേരത്തെ പറഞ്ഞല്ലോ ദൃഷ്ടവും അതിഷ്ടവുമായിട്ടുള്ള രണ്ട് കർമ്മങ്ങളുണ്ട് അതിൽ തന്നെ എന്താണ് സാമവായികവും ആരാധ ഉപകാരവും ഉണ്ട് അതിൻ്റെ ഹേതുവായി വരുന്ന ഔപദേശികം ആതിദേശികം ക്രമം വരെയുള്ള അംഗങ്ങൾ അംഗഗ്രാമം എന്ന് വെച്ചാൽ എല്ലാ അംഗങ്ങളും ക്രമം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ക്രമങ്ങൾ പറയും പാഠക്രമം അനുഷ്ഠാന ക്രമം വേദം കൃത്വ വേദിങ് വേദി ഉണ്ടാക്കണം വേദം എന്ന് പറയുന്നത് എന്താണ് ർഭമുണ്ട് ചെറിയ ചൂലുണ്ടാക്കുക വേദമെന്ന് പറയുന്നത് ആ വേദത്തെ ഉണ്ടാക്കിയതിനു ശേഷം വേദിയുണ്ട് അവിടെ വേദി എന്ന് പറയുന്നത് എന്താണ് ഹോമം നടത്തുന്നതിനുള്ള കുഴി അതൊക്കെ വേദത്തിലുള്ള വിധികളാണ് ഇങ്ങനെ ഈ ക്രമത്തിന് വേണമെങ്കിലൊക്കെ ചെയ്യാൻ ക്രമം എന്ന് പറയുന്നത് അപൂർവം ഉണ്ടാകും അതിൻ്റെയൊക്കെ ഒരു ചെറിയ നാടൻ പതിപ്പ് അല്ലെങ്കിൽ കാടൻ പതിപ്പാണെന്ത് നമ്മുടെ ഗണപതി ഒന്നും അത് ഇതോ പണ്ടവര് ചെയ്തു വെച്ചതിന് അനുകരിച്ചും അല്ലെങ്കിൽ നാടൻ ബുദ്ധി ഉപയോഗിച്ചും ഇവരിതൊക്കെ ചെയ്യുന്നതുകൊണ്ടപ്പോൾ ഇത് ചെയ്യാനൊന്നും അധികാരമില്ലാത്ത ആൾക്കാർക്കും ഞങ്ങൾക്കും ചെയ്യണമെന്ന് വിചാരിച്ച് അവർക്ക് തോന്നിയ പോലെ ചെയ്തതും അങ്ങനെയും എല്ലാം കൂടെ കൂടി ചേർന്നതാണ് ചിലത് അതിൻ്റെയൊക്കെ അനുകരണമാണ് അപ്പ ഇവിടെയൊക്കെ ചില നിയമങ്ങൾ പറയുന്നുണ്ട് ഈ പൂജ ഒക്കെ ചെയ്യുന്നിടത്ത് പൊതുവേ അങ്കന്യാസും കരന്യാസും മറ്റു മറിച്ചൊക്കെ പറയുന്നു ഇതിനൊക്കെ ഒരു ക്രമം ഉണ്ട് ആദ്യോതി ചെയ്യണം പഞ്ചോപചാരം അങ്ങനെ ക്രമപര്യന്ത അംഗഗ്രാമം അംഗങ്ങളോ അംഗഗ്രാമെന്ന് വെച്ച അങ്കക്കൂട്ട സഹിതമായ പരസ്പര വിഭിന്ന കർമ്മ സ്വരൂപം ഇതെല്ലാം എന്താണ് പരസ്പരം ഭിന്നങ്ങളായിരിക്കുന്ന കർമ്മങ്ങളാണ് എല്ലാം ഒരുപോലെയല്ല എന്ന് വെച്ചാൽ ഒന്ന് ദുഷ്ടമാണെങ്കിൽ മറ്റൊന്ന് അധിഷ്ടം ഒന്ന് ആരാധ മറ്റൊന്ന് സന്നിപത്തി ഇങ്ങനെ പരസ്പര വിഭിന്നങ്ങളായ ആ കർമ്മ സ്വരൂപ ആ കർമ്മ സ്വരൂപ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഇത്രയാണ് കർമ്മങ്ങൾ ഇത്രയെന്ന് പറയുമ്പോ ഇത് വളരെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആൾക്കാരും എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്യുക അപ്പൊ ഈ കർമ്മ സ്വരൂപ പരിജ്ഞാനം എന്നാണ് അതിനോട് അന്വേഷിക്കുന്നത് ഈ കർമ്മത്തിന്റെ ജ്ഞാനം വേണം അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം ഇത് വളരെ ചുരുക്കി ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് പൊറോ മീമാംസയിൽ പറഞ്ഞ ഓരോരോ അധ്യായങ്ങളിൽ ഇതൊക്കെ ചർച്ച ചെയ്യുന്ന വേറെ വേറെ വേറെ അധ്യായങ്ങളിലാണ് മൂന്നാം അധ്യായത്തിൽ നാലാം അധ്യായത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ അധ്യായങ്ങളിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ അധ്യായങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഈ കർമ്മങ്ങളെ ഇവിടെ ഒറ്റ വരി പറഞ്ഞു പാമതി മീമാംസയൊക്കെ നല്ല തറവായിരിക്കുന്നുണ്ട് ചുരുക്കി അങ്ങ് അപ്പൊ ഈ കർമ്മത്തിന്റെ പരിജ്ഞാനം വേണം പിന്നെ കൂടാതെ വിഭിന്ന കർമ്മ സ്വരൂപ പിന്നെ അധികാരി ഭേദം കർമ്മത്തിൽ എങ്ങനെയാണോ ഭേദമുള്ളത് കർമ്മങ്ങൾക്കെല്ലാം അധികാരി ഭേദമുണ്ട് എന്നുവെച്ചാൽ ബ്രാഹ്മണൻ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് ക്ഷത്രിയും ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് വൈശ്യം ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് അന്ന് മാറി ചെയ്യാൻ പാടില്ല ചില കർമ്മങ്ങൾ ബ്രാഹ്മണനെ ചെയ്യാൻ പാടുള്ളൂ ക്ഷത്രിയേ ചെയ്യാൻ പാടില്ല പണച്ചെലവുള്ള കർമ്മങ്ങളെല്ലാം ആരേയും ചെയ്യാൻ പാടുള്ളൂ ക്ഷത്രിയേനേ ചെയ്യാൻ പാടുള്ളു ഗ്രാമണം ചെയ്യാൻ പാടില്ല ചിലവില്ലാത്ത ചിലവ് കുറഞ്ഞ കർമ്മങ്ങളൊക്കെ ആയിരിക്കും ഗ്രാഹ്മണ ചിലവ് കൂടിയ കർമ്മങ്ങളൊക്കെ ആരുകയും ക്ഷത്രിയനും ഒരു തീരുമാനിച്ചുവെച്ചിട്ടുണ്ട് അപ്പൊ അധികാരി ഭേദമുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ ചേർക്കണം കർമ്മ സ്വരൂപ പരിജ്ഞാനം ഇതിനെയാണ് ഭാഷികാരം പറഞ്ഞ എന്താണ് കർമ്മ അവബോധം എന്ന് പറഞ്ഞാൽ കർമാവബോധം എന്ന് അവിടെ ഭാഷകാരം പറഞ്ഞെങ്കിലും ഭാവനികാരം പറയുന്ന കർമാവബോധം മാത്രം പോരാ കർമ്മ അവബോധവും വേണം അധികാരി ബോധവും വേണം അത് കർമ്മത്തിന്റെ ബോധവും അധികാരി ബോധം എന്നും പറഞ്ഞാലും പോരാ അധികാരി ചെയ്യുന്നവൻ ചെയ്തിട്ട് ഫലം അനുഭവിക്കുന്ന മനോണ്ണ അധികാരി ചെയ്യുന്നതിനും അധികാരിയായിരുന്നു എന്ന ഫലത്തിനും അധികാരിയായിരുന്നു അത് മുഖ്യമാണ് കാരണം ഈ പറയുന്ന ഏതെങ്കിലും കർമ്മങ്ങൾ ശൂദ്രം ചെയ്തു കൊന്നിരിക്കട്ടെ അവന് പണമുണ്ട് അവൻ ചെയ്തു കഴിഞ്ഞാൽ അവൻ അധികാരിയല്ല അധികാരിയല്ലെങ്കിലും ചെയ്തൊന്നിരിക്കണം അധികാരി ഇല്ലെങ്കിലും അവൻ ബലം പ്രയോഗിച്ച് പറയുകയാണ് ഞാനും ചെയ്യുന്നു ചെയ്തവാനും ഫലത്തിന് അധികാരമാവത്തില്ല ബലമുണ്ടാവത്തില്ല ബലമായിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ശൂദ്രന് എന്ത് സംഭവിക്ക എന്ത് സംഭവിക്കുന്ന വൈദികമായ കർമ്മങ്ങൾ ഇനി ശൂദ്രന് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ കർമ്മങ്ങളൊക്കെ വൈദിക അല്ലാത്ത പിന്നെ ചൂദനം എന്ന് പറയുന്നത് ഒരുപാട് വിഭാഗങ്ങളുണ്ടല്ലോ അത് ചില വിഭാഗങ്ങൾക്ക് ചില കർമ്മങ്ങൾ വേദത്തിൽ തന്നെ പറയുന്നുണ്ട് എല്ലാവർക്കും ഇല്ല പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കർമ്മങ്ങൾക്ക് അധികാരി ത്രൈവർണ്ണികരാണ് അപ്പൊ അതറിഞ്ഞിരിക്കണേ ഈ ത്രൈവർണികള് ആർക്ക് ഏത് കർമ്മം പറഞ്ഞിരിക്കുന്നു എന്നോട് അറിയുന്നത് ഇത്രയും അറിവ് വന്നു കഴിഞ്ഞാൽ അതിനാണ് പറയുന്നത് കർമ്മ അതിനുശേഷം ബ്രഹ്മചിജ്ഞാസ എന്നാണ് ഗുരുവായത് അതാണ് എന്താണ് വിഭിന്ന കർമ്മ സ്വരൂപം ഭേദപരിജ്ഞാനം ഈ കർമ്മജ്ഞാനവും അധികാരിയുടെ ജ്ഞാനവും കൂടാതെ പൊറുത്തൊടന കർമാണി അനുഷ്ഠാദും ി ഈ ഇവിടെ പറഞ്ഞ കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ആദ്യ കർമ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം വേണം പിന്നെ കർമ്മത്തെ അനുഷ്ഠിക്കണം ആ കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് എന്ത് ചെയ്യണം ബ്രഹ്മജിജ്ഞാസാണ് ഒരു വിശദം